സത്യനിഷേധികൾ തങ്ങളുടെ ദൂതന്മാരോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങിവരണം അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് വെളിപ്പെടുത്തിക്കൊടുത്തു തീർച്ചയായും ഞാൻ അക്രമികളെ നശിപ്പിക്കുന്നതാണ്